നിങ്ങൾ അടുത്ത തീരത്തും അവർ വിദൂര തീരത്തുമായിരുന്നപ്പോൾ വാഹനപ്പടാ നിങ്ങൾക്ക് താഴെയായിരുന്ന സമയം നിങ്ങൾ ഒരു സമയം നിശ്ചയിച്ചിരുന്നെങ്കിൽ ആ സമയത്തെക്കുറിച്ച് നിങ്ങൾക്കിടയിൽ അഭിപ്രായ ഉണ്ടാകുമായിരുന്നു എന്നാൽ നടപ്പിലാക്കപ്പെടേണ്ട ഒരു കാര്യം അള്ളാഹു സുബഹാനഹുവ താര നിർവഹിക്കുന്നതിനാണ് ഇത് സംഭവിച്ചത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നശിക്കേണ്ടവൻ നശിക്കാനും വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കേണ്ടവൻ ജീവിക്കാനും വേണ്ടിയാണത് الله سبحانه وتعالى يلا أم كيركونا ونم أريكونا ونم آغنّو